ബുദ്ധിയുള്ളവർക്ക് അവരുടെ ചരിത്രങ്ങളിൽ തീർച്ചയായും ഒരു പാഠമുണ്ട് ഇത് കെട്ടിച്ചമച്ച ഒരു കഥയല്ല മറിച്ച് ഇതിനു മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണവും വിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ്